വിശ്വസിച്ചവരോട് ഏറ്റവും കൂടുതൽ ശത്രുത പുലർത്തുന്ന ജനത യഹൂദരും മുശ്രിക്കികളുമാണെന്ന് നീ തീർച്ചയായും കണ്ടെത്തും വിശ്വസിച്ചവരോട് ഏറ്റവും കൂടുതൽ സ്നേഹം പുലർത്തുന്നവർ ഞങ്ങൾ ക്രൈസ്തവരാണ് പറയുന്നവരാണെന്നും നീ കണ്ടെത്തും അവരിലുണ്ടായ പുരോഹിതന്മാരും സന്യാസിമാരും അവർ അഹങ്കരിക്കാത്തവരുമായതുകൊണ്ടാണത്